ഇസ്രയേലിനോട് പടവെട്ടേണ്ടതിനു തങ്ങളുടെ സേനകളെ ഒന്നിച്ചു കൂട്ടി അപ്പോൾ ആഖിഷ് ദാബീദിനോട് നീയും നിന്റെ ആളുകളും എന്നോടുകൂടെ യുദ്ധത്തിന് പോരേണമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു എന്നാറേ ദാബീദ് അടിയൻ എന്തു ചെയ്യുമെന്ന് നീ കണ്ടറിയും എന്നു പറഞ്ഞു അഖിഷ് ദാവീദിനോട അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും എന്റെ മെയ്ക്കാവലാക്കും എന്നു പറഞ്ഞു പറഞ്ഞു എന്നാൽ ഷമുവേൽ മരിച്ചുപോയിരുന്നു ഇസ്രയേലെല്ലാം അവനെക്കുറിച്ച് വിലപിച്ച് അവന്റെ സ്വന്തപട്ടണമായ രാമയിൽ അവനെ അടക്കം ചെയ്തിരുന്നു ഷൌലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തുനിന്ന് നീക്കിക്കളഞ്ഞിരുന്ന എന്നാൽ ഫലിസ്തീ ഒന്നിച്ചുകൂടി എല്ലാ ഇസ്രയേലിനെയും ഒന്നിച്ചുകൂട്ടിയി ഗിൽബോയും പാളയമിറങ്ങിയിങ്ങി ഷൌൽ ഫിലിസ്തീരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടുവിട്ടു അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചു ഷൌൽ യഹോവയോട് ചോദിച്ചാറേ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരമരുണിയില്ല അപ്പോൾ ശൌൽ തന്റെ ഭൃത്യന്മാരോട് എനിക്കൊരു വെളിച്ചപ്പാടത്തിയെ അന്വേഷിപ്പി ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു അവന്റെ ഭൃത്യന്മാർ അവനോട് എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തിയുണ്ട് എന്ന് പറഞ്ഞു ശൌൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടിപ്പോയി ആ സ്ത്രീയുടെ അടുക്കൽ എത്തിയെത്തി വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണം എന്ന് പറഞ്ഞു സ്ത്രീ അവനോട് ഷൌൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തുനിന്ന് ഛേദിച്ചു കളഞ്ഞതു തന്നെ നീ അറിയുന്നുവല്ലോ എന്നെ കൊല്ലിപ്പാൻ നീ എന്റെ ജീവന് കണിവയ്ക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു ഹോവയാണെ ഈ കാര്യം കൊണ്ട് നിനക്കൊരു ദോഷവും ഭവിക്കയില്ല എന്ന് ശൌൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു ഞാൻ ആരെ വരുത്തി തരേണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന് ശമുവേലിനെ വരുത്തി അവൻ പറഞ്ഞു സ്ത്രീ ഷമുവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു ശൗലിനോട് നീ എന്നെ ചതിച്ചത് നീ ശൌലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു രാജാവ് അവളോട് കയപ്പെടേണ്ട നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൌലിനോട് പറഞ്ഞു അവൻ അവളോട് അവന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ ഒരു വൃദ്ധൻ കയറി വരുന്നു അവൻ ഒരു അങ്കീയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാറേ അത് ഷമുവേൽ എന്നറിഞ്ഞ് ശൌൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ഷമുവേൽനോട് നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു അതിന് ശൌൽ ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു ഫിലിസ്തീർ യുദ്ധം ചെയ്യുന്നു ദൈവമെന്നെ വിട്ടുമാറിയിരിക്കുന്നു പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമരുളുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്നുത്തരം പറഞ്ഞു അതിന് ശമുവൽ പറഞ്ഞത് ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു രാജത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് ൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല അമ്മാലേക്കിന്റെ മേൽ അവന്റെ ഉഗ്രകോപൊപ്പം നടത്തിയതുമില്ല അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു യഹോവ നിന്നെയും ഇസ്രയേലിനെയും ഫിലിസ്തരുടെ കയ്യിൽ ഏൽപ്പിക്കും നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടെ ആകും ഇസ്രയേൽ പാളയത്തെഹോവ ഫിലിസ്തീയുടെ പെട്ടെന്ന് നെടുനിളത്തിൽ നിലത്തുവീണ് ഷമുവേലിന്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടു പോയി അവനിലൊട്ടും ബലമില്ലാതെയായി അന്ന് രാവു പകലും മുഴുവൻ അവനൊന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആ സ്ത്രീ ഷൗലിന്റെ അടുക്കൽ വന്നുവന്നു അവൻ ഏറ്റവും പരിക്രമിച്ചിരിക്കുന്നത് കണ്ട് അവനോട് അടിയൻ നിന്റെ വാക്കുകേട്ട് ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് നീ എന്നോട് പറഞ്ഞ വാക്ക് അനുസരിച്ചിരിക്കുന്നുവല്ലോ ആകെയാൽ അടിയന്റെ വാക്ക് നീയും കേൾക്കണമേ ഞാൻ ഒരു കഷണം അപ്പൊ നിന്റെ മുമ്പിൽ വയ്ക്കട്ടെ നീ തിന്നണം എന്നാൽ നിന്റെ വഴിക്ക് പോകുവാൻ നിനക്ക് ബലമുണ്ടാകുമെന്ന് പറഞ്ഞറിഞ്ഞു അതിനവൻ വേണ്ട ഞാൻ തിന്നുകയില്ല എന്നു പറഞ്ഞു എങ്കിലും അവന്റെ പ്രത്യന്മാരും ആ സ്ത്രീയും അവനെ നിർബന്ധിച്ചു അവൻ അവരുടെ വാക്കുകേട്ട് നിലത്തുനിന്നെഴുന്നേറ്റ് മെത്തമേൽ ഇരുന്നു സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്കിടാവ് ഉണ്ടായിരുന്നു അവൾ ക്ഷണത്തിൽ അതിനെ ആർത്തു മാവുമെടുത്ത് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പം ചുട്ടൂട്ടു അവളത് ശൌലിന്റെയും ഭൃത്യന്മാരുടെയും മുമ്പിൽ വെച്ചു അവർ തിന്ന എഴുന്നേറ്റ് രാത്രിയിൽ തന്നെ പോയി